എന്നാൽ അള്ളാഹു സുബഹാനഹുവറ്റ ആലയിലും അവൻറെ ദൂതന്മാരിലും വിശ്വസിക്കുകയും അവരിൽ ഒരാളെപ്പോലും വേർതിരിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം നൽകപ്പെടുന്നതാണ് അള്ളാഹു സുബഹാനഹുവറ്റ ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു